ഓരോ സമുദായത്തിൽ നിന്നും നാം ഒരു സാക്ഷിയെ ഹാജരാക്കും എന്നിട്ട് നാം പറയും നിങ്ങളുടെ തെളിവ് ഹാജരാക്കൂ അപ്പോൾ സത്യം അള്ളാഹു സുബാനഹൂവാലയ്ക്കുള്ളതാണെന്നും അവർ കെട്ടിച്ചമച്ച കാര്യങ്ങൾ അവർക്കു വിരുദ്ധമായിപ്പോയെന്നും അവർ തിരിച്ചറിയും